നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റഫാലം ഫോൺ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്ററുപത് നാൽപ്പത് മൂന്ന് ഒമ്പത് ഒന്ന് വളരെ വിശാലമായ ഒരു സങ്കല്പം തത്വം ആരാധനാക്രമം അതിൻ്റെ തുടക്കമാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിൽ സൂര്യൻ ചന്ദ്രൻ എന്നീ രണ്ട് മഹത്തായ കൺസെപ്റ്റ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും നമ്മളിലും സകല ജീവജാലങ്ങളിലുമുള്ള ഒരു സങ്കല്പമാണ് നമ്മളീ കാണുന്ന സൂര്യൻ മാത്രമല്ല സൂര്യൻ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പോൾ അതിൽ ഈ നവഗ്രഹങ്ങളെപ്പറ്റി പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്നിലുള്ളതെല്ലാം പ്രപഞ്ചത്തിലുണ്ട് പ്രപഞ്ചത്തിലുള്ളതെല്ലാം എന്നിലുണ്ട് എസ് ദ മാക്രോ ഇൻ മൈക്രോ ഗ്രഡാസം ഇൻ മൈക്രോക്ലാസം അതുകൊണ്ട് നാം ഈ പ്രപഞ്ചത്തിനെ ആരാധിക്കുമ്പോൾ എന്നെ ആരാധിക്കുന്നതിന് തുല്യമാണ് എന്നെ ആരാധിക്കുമ്പോൾ ഞാൻ ഈ പ്രപഞ്ചത്തിനെ ആരാധിക്കുന്നതിന് തുല്യമാണ് ഈ കാണുന്ന പ്രപഞ്ചം എന്ന് പറഞ്ഞപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ജീവജാലങ്ങളുള്ള ഭൂമിയാണ് തൽക്കാലം വലിയ ഭൂമിയുടെ മനുഷ്യൻ ഞാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ വ്യക്തി മാത്രമല്ല ഈ ജീവജാലങ്ങളുൾപ്പെടുന്ന ഈ ഈ ഒരു ഭൂമി സമൂഹം അപ്പം അങ്ങനെ സൂര്യൻ പിതാവും ചന്ദ്രൻ മാതാവും ആണോ അപ്പം ഈ മാത്രമല്ല നമ്മളിലെല്ലാവരിലും ഈ പിതാവിൻ്റെയും മാതാവിൻ്റെയും അംശമുണ്ട് നമ്മളിലെല്ലാവരും ഇന്നലെ കഴിഞ്ഞ ദിവസം അതാണ് പറഞ്ഞത് നമ്മളിലെല്ലാവരിലും ഏതൊരു ജീവജാലത്തിലും പിതാവിൻ്റെ സങ്കല്പമുണ്ട് അച്ഛനായില്ലെങ്കിലും പിതാവിൻ്റെ ആ ഒരു കൺസെപ്റ്റുണ്ട് നമ്മളിലെല്ലാവരിലും മാതാവിൻ്റെയും ഒരു ചിന്ത ഉണ്ട് അല്ലെങ്കിൽ മാതാവിൻ്റെ സാന്നിധ്യമുണ്ട് അമ്മയായില്ലെങ്കിലും ആ മാതാവിൻ്റെ ധർമ്മങ്ങൾ നമ്മളിലുണ്ട് പിതാവിൻ്റെ ധർമ്മങ്ങൾ നമ്മളിലുണ്ട് അതുകൊണ്ട് നമ്മളിൽ സൂര്യനുമുണ്ട് നമ്മളിൽ ചന്ദ്രനുമുണ്ട് അതുകൊണ്ട് നമ്മളീ പ്രപഞ്ചം അപ്പോൾ മറ്റൊരു കാര്യം ഈ സൂര്യനെ ഹൃദയമായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തിന് ഇപ്പോൾ ജ്യോതിഷത്തിലൊക്കെ ഹൃദയത്തിനെ ചിന്തിക്കുമ്പോൾ സൂര്യനെ കൊണ്ടാണ് ചിന്തിക്കുക എന്തുകൊണ്ട് സൂര്യനെ ഹൃദയമായിട്ട് ചിന്തിച്ചിരിക്കുന്നു ഈ അതാണ് ആദ്യം ഈ പ്രപഞ്ചത്തിൽ കേന്ദ്രം അല്ലെങ്കിൽ ഈ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സുപഞ്ചത്തിൻ്റെ എന്ന് പറയാൻ പറ്റില്ല സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് നമ്മുടെ ശരീരത്തിൻ്റെ കേന്ദ്രം ഹൃദയമാണ് അപ്പോൾ ഈ സൗരയൂഥത്തിൻ്റെ ഹൃദയമാണ് സൂര്യൻ നമ്മളുടെ ശരീരത്തിൻ്റെ കേന്ദ്രമാണ് ഹൃദയമാകുന്ന സൂര്യൻ ഹൃദയത്തിനെ ഹൃദയകമലം ഹൃദയത്തിനെ ഒരു താമരയായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട് ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണ് സ്വയം പ്രവർത്തിക്കുകയും മറ്റുള്ള ശരീരഭാഗങ്ങളെ മുഴുവൻ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു ധർമ്മമാണ് ഈ ഹൃദയം ചെയ്യുന്നത് ഹൃദയമാണല്ലോ അതുകൊണ്ടാണ് ഹൃദയസ്തംഭനം എന്നാണ് നമ്മൾ പെട്ടെന്ന് മരിച്ചു പോണത് അപ്പം നമ്മളുടെ ചിന്തകളുടെ മുഴുവൻ കാരണവും നമ്മുടെ മസ്തിഷ്കമാണ് ബ്രെയിനാണ് ബ്രെയിൻ അടിച്ചു പോയാലും ബ്രെയിൻ ഡെത്ത് വന്നാലും നമുക്ക് എത്ര കാലമാണെങ്കിലും ജീവിക്കാം ഹൃദയം പ്രവർത്തിച്ചാൽ മതി ഹൃദയം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിന് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും ജീവിക്കുക അങ്ങനെയാണ് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ അങ്ങനെ ജീവിപ്പിച്ചിട്ടാണ് ഈ അവയവങ്ങളൊക്കെ എടുക്കുന്നത് അവയവദാനം ഒക്കെ ചെയ്യണത് അപ്പോൾ ബ്രെയിൻ്റെ അത്ത് വന്നാലും നമ്മുടെ ജീവൻ പോകുന്നില്ല നമ്മുടെ പ്രജ്ഞ നമ്മളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഒന്നും അറിയാതെ കിടക്കണമെന്നേ ഉള്ളൂ ഹൃദയം പോയാൽ അതോടുകൂടി നമ്മൾ മരിച്ചു അപ്പോൾ നമ്മുടെ ഈ കാണുന്ന ശരീരത്തിൻ്റെ കേന്ദ്രമാണ് ഹൃദയം നമ്മുടെ സ്വയം പ്രവർത്തിക്കുകയും മറ്റുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങളെ മുഴുവൻ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത് ഹൃദയമാണ് അതുപോലെ തന്നെയാണ് ഈ സൗരയൂഥത്തിൻ്റെ കേന്ദ്രമാണ് ഹൃദയം സ്വയം പ്രവർത്തിക്കുകയും ഈ സൗരയൂഥത്തിലുള്ള സകല ഗ്രഹങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നതും ഈ സൂര്യനാണ് സൂര്യൻ്റെ ആകർഷണ ശക്തി ഉള്ളതുകൊണ്ടാണ് ഈ ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നും വിട്ടുപോവാതെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മഹാൻ മഹർഷിമാരുടെ കൽപ്പന നോക്കൂ ഈ കാണുന്ന സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഹൃദയമാണ് സൂര്യൻ അതുകൊണ്ടുതന്നെ ഈ സൗരയൂഥത്തിലുള്ള എല്ലാ അംശങ്ങളും അടങ്ങിയ മനുഷ്യൻ്റെ ഹൃദയവും സൂര്യനാകുന്നു അതുകൊണ്ട് സൂര്യനെ ഹൃദയമായിട്ട് സങ്കല്പിക്കാം എത്ര മനോഹരമായിട്ടുള്ളൊരു സങ്കല്പമാണ് അവിടെ വന്നിരിക്കുന്നത് നോക്കിക്കോളൂ ഹൃദയത്തിനെ ഒരു താമരയായിട്ട് കണക്കാക്കുന്നുണ്ട് താമര ഹൃദയകമലെന്ന് നമ്മൾ പറയാറുണ്ട് ഹൃദയപുഷ്പം എന്ന് പറയാറുണ്ട് ഈ സൂര്യന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ തന്ത്രത്തിലൊക്കെ താന്ത്രികത്തിലൊക്കെ ഹൃദയത്തിനെ ഒരു താമരയായിട്ട് സങ്കല്പിച്ചിട്ട് അതിന് ചില പൂജകൾ ചെയ്യാൻ അതുകൊണ്ട് ചില പൂജകൾ ചെയ്യാനുള്ള ചില വിധികളൊക്കെ ഉണ്ട് സൂര്യൻ്റെ പുഷ്പമാണ് താമര സൂര്യനും താമരയും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കുറേ കൽപ്പനകളും കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പം സൂര്യൻ്റെ പുഷ്പമാണ് താമര ആ താമര തന്നെയാണ് നമ്മൾ ഹൃദയവുമായിട്ട് കണക്കാക്കിയിരിക്കുന്നത് ഹൃദയ എന്നുള്ള വാക്കിനെ അതാണ് അതുകൊണ്ട് സൂര്യനെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിനെ ആരാധിച്ച് നല്ല തുല്യമാണ് അതുകൊണ്ടുതന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സൂര്യാരാധന ഒരു പ്രധാന ഘടകമായിട്ട് പറയുന്നുണ്ട് ഈ സൗരയൂഥത്തിൻ്റെ ഹൃദയമായ സൂര്യനെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മളുടെ ഹൃദയം ആയിട്ടുള്ള സൂര്യനെ നമ്മൾ ആരാധിച്ച ഫലം കിട്ടും അത് നമ്മുടെ രോഗ നിവാരണത്തിന് എന്ന സങ്കല്പമനുസരിച്ചിട്ട് സൂര്യൻ്റെ ആരാധനകൾ ഹൃദ്രോഗത്തിനൊക്കെ പ്രധാനമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കിനി പിന്നീട് കിടക്കാം അതിൻ്റെ ഔഷധങ്ങൾ അതിൻ്റെ ആരാധനകൾ സമ്പ്രദായങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനെപ്പറ്റി പറയാം അതുപോലെ തന്നെ ചന്ദ്രനെ മനസ്സായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ചന്ദ്രൻ മനസ്സിൻ്റെ പ്രതീകമാണ് ചന്ദ്രമാ മനസ്സോ ചക്ഷോ സൂര്യോജായത പുരുഷ പറയുന്നുണ്ട് ചന്ദ്രൻ മനസ്സും ചക്ഷു സൂര്യൻ കണ്ണുമാണ് എന്ന് പറയുന്നത് കണ്ണും സൂര്യനെ കൊണ്ട് ചിന്തിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ ചന്ദ്രനെ എന്തുകൊണ്ട് മനസ്സായിട്ട് ചിന്തിക്കണോ നമ്മളെ മനസ്സ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റില്ല മനസ്സ് എന്നത് നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു പ്രതിഭാസാണ് ഒരു പ്രത്യേക സ്ഥലത്താണ് മനസ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സാധാരണ നമ്മൾ പറയുമ്പോൾ ഹൃദയം തൊട്ട് കാണിക്കാറുണ്ട് എങ്കിലും ഹൃദയമാണോ മനസ്സിൻ്റെ സ്ഥാനം എന്ന് ചോദിച്ചാലല്ല നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു സങ്കല്പമാണ് മനസ്സ് നമ്മളാരും കണ്ടിട്ടില്ല നമ്മളാരും അത് നമുക്കത് അനുഭവിക്കാനേ പറ്റും എന്തു എങ്ങനെ നമ്മുടെ മനസ്സ് രൂപം കൊള്ളുന്നു നമ്മുടെ മനസ്സ് രൂപം കൊള്ളുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചാണ് നമ്മുടെ മനസ്സ് രൂപം കൊള്ളുന്നത് അതുകൊണ്ടുതന്നെ ഗർഭിണികൾ വളരെ ശ്രദ്ധിച്ച് ജീവിക്കണമെന്ന് എല്ലാ ഗ്രന്ഥങ്ങളും ആയുർവേദ ഗ്രന്ഥങ്ങളും പുരാണങ്ങളും എല്ലാ പൂർവീക ഗ്രന്ഥങ്ങളും പറയേണ്ടത് ഗർഭിണി വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം അവരുടെ കേൾക്കുന്ന ശബ്ദവും കാണുന്ന കാഴ്ചകളുമൊക്കെ ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ മനസ്സിനെ ബാധിക്കും അതുകൊണ്ട് ഗർഭിണി വളരെ ശ്രദ്ധിക്കണം ഒരു വിഷ്ണു സംഹിതയിൽ പറയേണ്ടത് വിഷ്ണു സംഹിതയിൽ പറയേണ്ടത് ഒരു ബ്രാഹ്മണൻ ഒരു പാഠത്തിൻ്റെ വരമ്പത്ത് കൂടെ വരുമ്പോൾ ഒരു കർ ഒരാൾ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ ബ്രാഹ്മണന് വഴി ഒരു ബ്രാഹ്മണൻ ഒരു പാഠത്തിൻ്റെ വരുമ്പത്ത് കൂടെ വരുമ്പോൾ ഒരു കർഷകൻ വരികയാണെങ്കിൽ കർഷകന് വേണ്ടിയിട്ട് ബ്രാഹ്മണന് വഴി കാരണം ഈ ബ്രാഹ്മണൻ അടങ്ങുന്ന സമൂഹത്തിന് ഭക്ഷണം തരുന്നത് കർഷകനാണ് ഒരു കർഷക ഒരു ഗർഭിണി പരമ്പത്തു കൂടെ വരികയാണ് കർഷകൻ ഓപ്പോസിറ്റ് പോകുവാണെങ്കിൽ കർഷകൻ ഗർഭിണിക്ക് വഴിമാറി കൊടുക്കണം കാരണം ഈ പ്രപഞ്ച നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പുതിയൊരു ജീവനെ സൃഷ്ടിക്കാൻ ആ ഗർഭിണി തയ്യാറായിട്ട് നിൽക്കുകയാണ് പുതിയ ജീവനുണ്ടെങ്കിലേ കർഷകൻ ഉണ്ടാവുള്ളൂ ഭക്ഷണം കഴിക്കാൻ ആളുണ്ടെങ്കിലല്ലേ കൃഷി ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഗർഭിണിക്ക് അത്ര പ്രാധാന്യം നമ്മൾ പറയുന്നുണ്ട് ഗർഭാവസ്ഥയിൽ ഒരു ശിശു കേൾക്കുന്ന ശബ്ദവും എല്ലാം ആ ശിശുവിൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് പുരാണത്തിൽ തന്നെ നമുക്കതിൻ്റെ ഉദാഹരണങ്ങളുണ്ട് അഭിമന്യുവിൻ്റെ കഥ നമുക്കറിയാം അഭിമന്യു ഗർഭപാത്രത്തിൽ വെച്ചിട്ടാണ് പത്മവ്യൂഹം ഭേദിക്കാൻ അഭിമന്യു പഠിച്ചത് പ്രഹ്ലാദൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയണ കഥയാണ് ഗർഭപാത്രത്തിൽ വെച്ച് വിഷ്ണുവിൻ്റെ കഥകളും പുരാണങ്ങളും മുഴുവൻ കേട്ടു വളർന്ന് ജനിച്ച പ്രഹ്ലാദൻ വലിയൊരു വിഷ്ണുഭക്തനായിട്ട് മാറി അപ്പോൾ ഗർഭാവസ്ഥയ്ക്ക് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകരും ശാസ്ത്രജ്ഞന്മാരും ഉണ്ടായിരിക്കുന്നത് ജൂതമതത്തിൽ നിന്നാണ് ഇസ്രായേലിൽ നിന്നാണ് ജൂതന്മാരാണ് ഏറ്റവും വലിയ ചിന്തകരും ഏറ്റവും വലിയ ദാർശനികരും ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരും കലാകാരന്മാരും ജൂതന്മാരാണ് എന്തുകൊണ്ട് ജൂതന്മാർ ഈ രീതിയിൽ എത്തി എന്നതിനെ പറ്റിയൊരു പഠനം നടന്നിട്ടുണ്ട് അതവരുടെ ഗർഭകാല സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതായത് കൊണ്ടാണ് ഗർഭകാലത്ത് ഒരു സ്ത്രീ ഗർഭിണിയായാൽ ജൂത സ്ത്രീ ഗർഭിണിയായാൽ നിർബന്ധമായും ആ സ്ത്രീ ദിവസവും ഒന്നോ രണ്ടോ സംഗീതം കേൾക്കണം എന്നവർക്ക് നിർബന്ധമാണ് ഏതെങ്കിലും ഒരു സംഗീതോപകരണം വായിക്കണമെന്നവർക്ക് നിർബന്ധമാണ് ഒരു ദിവസം ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം കണക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ പ്രൂവ് ചെയ്ത് ശരിയാക്കണമെന്നും അവർക്ക് നിർബന്ധമാണ് എന്തെങ്കിലും വായിക്കണമെന്നും കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നും അവർക്ക് നിർബന്ധമാണ് ചെറിയ രീതിയിൽ ഇത് ഗർഭകാലം മുഴുവൻ ചെയ്യാൻ അവർ ബദ്ധ ശ്രദ്ധരാണ് ഈ ജനിക്കുന്ന കുട്ടി കലയിലും ശാസ്ത്രത്തിലും ഒക്കെ അദ്വിതീയന്മാരായിട്ട് മാറുന്ന കുട്ടികളാണ് ജൂതന്മാരിൽ ഉണ്ടാവുന്നത് വളരെ കുറച്ച് ചെറിയൊരു രാജ്യമാണ് ജൂതൻ രാജ്യം ഇസ്രായേൽ പക്ഷേ ഏറ്റവും കൂടുതൽ ചിന്തകളുണ്ടായിരിക്കണതും ഏറ്റവും കൂടുതൽ ശാസ്ത്രജ്ഞന്മാരും ജൂതന്മാരാണ് അതുകൊണ്ടാണ് ഹിറ്റ്ലർ അറുപത് ലക്ഷം ജൂതന്മാരെ കുന്നുകളഞ്ഞത് അപ്പോൾ എന്തുകൊണ്ട് ജൂതന്മാർ ഇങ്ങനെയാവണോ അത് അവരുടെ ഗർഭകാല സംരക്ഷണത്തിൻ്റെ പ്രാധാന്യമാണ് ഗർഭകാലത്ത് അമ്മയിൽ എന്തൊക്കെ ഉണ്ടാകുന്നു അതൊക്കെ കുട്ടിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് കുട്ടിയുടെ മനസ്സ് അമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ചിന്തയിൽ നിന്നാണ് മനസ്സ് ചന്ദ്രനുമായി ബന്ധപ്പെടുത്തിയിരിക്കണമെന്നാണ് ഞാൻ എൻ്റെ ഒരു പക്ഷം അത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ പറയണത് ചന്ദ്രനാണ് മാതാവ് ആ മാതാവ് എന്നങ്ങനെയാണ് മനസ്സ് രൂപം കൊണ്ടത് അതുകൊണ്ടായിരിക്കാം ചന്ദ്രനെ മനസ്സുമായി ബന്ധപ്പെടുത്തിയിരിക്കണം എന്ന് തോന്നുന്നു കൂടുതൽ നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം നമസ്കാരം